അവർ അവരെ വിളിച്ചു ചോദിക്കും ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നില്ലേ അവർ പറയും പക്ഷെ നിങ്ങൾ നിങ്ങളുടെ ആത്മാക്കളെ പരീക്ഷിച്ചു നിങ്ങൾ കാത്തിരുന്നു നിങ്ങൾ സംശയിച്ചു അല്ലാഹു സുബാനുഹൂ വച്ചാലയുടെ കൽപ്പന വരുന്നതുവരെ വ്യാജമായ പ്രതീക്ഷകൾ നിങ്ങളെ വഞ്ചിച്ചു വഞ്ചകനായ പിഷാജ് അല്ലാഹുവിന്റെ നാമത്തിൽ നിങ്ങളെ വഞ്ചിക്കുകയും ചെയ്തു